ം ഇരുപത്തിയെട്ട് യഫ്രൈമിലെ കുടിയാൻമാരുടെ ഡംഭകിരീടത്തിനും വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചവരുടെ പലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം ഇതാ ശക്തിയും ബലവുമുള്ള ഒരുത്തൽ കർത്താവിങ്കിൽ നിന്ന് വരുന്നു സകർത്ത കൊടുങ്കാറ്റോടുകൂടിയ കൺമഴ പോലെയും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെയും അവനവരെ വെറും കൈകൊണ്ട് നിലത്ത് തള്ളിയിടും യഫ്രൈമിലെ കുടിയാൻമാരുടെ ഡമ്പകിരീടം അവൻ കാൽ കൊണ്ട് ചവിട്ടിക്കളയും ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖരകാലത്തിനുമുമ്പെ പഴുത്തതും കാണുന്നവർ ഉടനെ പറിച്ചു തിന്നുകളയുന്നതുമായ അത്തിപ്പഴം പോലെ ഇരിക്കും അന്നാളിൽ സൈന്യങ്ങളുടെ ഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ളൊരു കിരീടവും ഭംഗിയുള്ളൊരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതുക്കൾ വച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവും ആയിരിക്കും എന്നാൽ ും വീഞ്ഞുകുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞുകുടിച്ച് മത്തരാകേയും മദ്യപിച്ച് ആടി ചെയ്യുന്നു അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലവും ശേഷിപ്പില്ല ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനമുപദേശിപ്പാൻ പോകുന്നത് ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിപ്പാൻ പോകുന്നു പാലുകുടി മാറിയവരെയോ മുലകുടി വിട്ടവരെയോ ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെ അൽപം അവിടെയൽപ്പം എന്നവർ പറയുന്നു അതെ വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും ഇതാകുന്നു സ്വസ്ഥത ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കുടുപ്പീൻ ഇതാകുന്നു വിശ്രാമെന്ന് അവനവരോട് അരുളി ചെയ്തു എങ്കിലും കേൾപ്പാനവർക്ക് മനസ്സില്ലായിരുന്നു ആകയാൽ അവർ ചെന്ന് പിറകോട്ടുവീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെയൽപ്പം അവിടെയൽപ്പം എന്നും ആയിരിക്കും അതുകൊണ്ട് യരുഷലേമിലെ ഈ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ യഹോവിയുടെ വചനം കേൾപ്പീൻ ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തുവരികയില്ല ഞങ്ങൾ ഫോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഈ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല ഞാൻ ന്യായത്തെ അളവു ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കിവയ്ക്കും കൺമഴ വ്യാജരണത്തെ നീക്കിക്കളയും വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കി കൊണ്ടുപോകും മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കിയില്ല പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കം ഉണ്ടാകും കിടക്ക ഒരുത്തന് നിവർന്നുകിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതും ആകും യഹോവ തന്റെ പ്രവൃത്തിയെ തന്റെ ആശ്ചര്യപ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തന്റെ ക്രിയയെ തന്റെ അപൂർവക്രിയയെ തന്നെ നടത്തേണ്ടതിനും പെറാസീം മലയിൽ എന്ന പോലെ ഗിബയോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെയിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത് സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ ഹോവയായ കർത്താവിംഗിൽ നിന്ന് കേട്ടിരിക്കുന്നു ചെവി തന്ന് എന്റെ വാക്കുകേൾപ്പീൻ ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ വിതപ്പാൻ ഉഴുന്നവൻ ഇടപെടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ അവൻ എല്ലായിപ്പോഴും നിലം കീറി കട്ട നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ചീരകം വിതക്കിയും ജീരകം വിതറുകയും കോതമ്പ് ഉഴവുപൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറു കോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ അങ്ങനെ അവന്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല കരിഞ്ചീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത് ധാന്യം ചതച്ചു കളയാറുണ്ടോ അവനതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ അവൻ അതിനെ ചതച്ച് അതും സൈന്യങ്ങളുടെ ഹോവങ്കിൽ നിന്ന് വരുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു